siti ya allah mi ishi si simasana allah sana ni siti ya allah mi uka allah si simasana ദർശനം തസ്പം വ്യക്തം കൂടും ഭവിഷ്യതിര യു കാലം തദപ്യ വിതോനസ്പഗൈകോനവിശതിമുഖ വൈശ്വാനര പ്രഥമ പല സപ്ല ോനവിശതി മുഖ പ്രാ മേ കം പശ്യത്തിശ്ത ഭൂത പ്രജ്ഞാനമയൂപ്യന്ത ോനി പ്രഭവാപ്യോഹി ഭൂത പ്രംം നം നേദ പ്രം നജ്ഞാനം നം നദൃശ്യംഹാരമഗ്രാഖ്യമലക്ഷണമചിന്തിപദേശം യോഗാത്മ പ്രേസാരം പ്രപഞ്ചോപശമ ശാന്തം ശിവമത്ദ്വൈതം ചതുർത്ഥം മഞ്ഞന് സ ആത്മാവിജ്ഞേയ ജാഗ്രദസ്നോക്കാര പ്രഥമ മാത്രമത് വ ബ്രോതി സർവാൻ ഗാമാൻ ആദിശോതിപനസ്ഥോ ദ്ധ്യമയ േ ജ്ഞാനസന്ധനിന്നുലേ സാമൃതിയ തേതേർവാമോ ഇതം അപേതിമാത്രോ വ്യോഹ ജിക്രമ്യൂപദ്വ സംവിശതിേദ ശാന്തി പ്രകടനത്തിൽ നാൽപ്പതാമത് കാര്യം നമസ്തി അസത് ഹേതുകമസേതുകം തധാ ഹേതുകം നമ്മള സൃഷ്ടി പരമാർത്ഥത്തിൽ സംഭവിക്കുന്നേയില്ല എന്നുള്ള കാര്യത്തെ സമർത്ഥിക്കുക സൃഷ്ടി സംഭവിക്കുന്നു എന്നുള്ളതാണ് അനുഭവം സാധാരണ ജീവന്മാരുടെ അനുഭവം ആ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ അദ്വൈതശാസ്ത്രത്തിൽ തന്നെ പല സ്ഥലത്ത് സൃഷ്ടിയെക്കുറിച്ച് പറയും സൃഷ്ടി സംഭവിക്കുന്നുവെന്നും പറയും അതെന്തുകൊണ്ട് അനുഭവത്തെ ആശ്രയിച്ച് അനുഭവത്തെ ആശ്രയിച്ച് പറയുന്നതിനും വ്യാവഹാരികം എന്ന് പറയും സർവജനസാധാരണമായിരിക്കുന്ന അനുഭവം അതിനെ ആശ്രയിച്ച് പറയുന്നതാണ് വ്യാവഹാരികം അവിടുത്തെ ഇനി പറയും ചില സ്ഥലങ്ങൾ അങ്ങനെ പറയേണ്ടി വരും എന്തുകൊണ്ട് പരമാർത്ഥം പറഞ്ഞാൽ മനസ്സിലാകാത്ത സ്ഥലങ്ങളിൽ അനുഭവത്തെ അനുസരിച്ച് പറയേണ്ടി വരും ഇവിടെ പറയും തത്വം രണ്ടു തരത്തിലാണ് ശാസ്ത്രത്തിൽ പ്രതിപാദനം ചെയ്യുന്നത് രണ്ടു തരത്തിലെന്ന് പറയുമ്പോൾ രണ്ടു തരത്തിലുള്ള ദൃഷ്ടി ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അറിവ് ഈ തത്വ ശ്രവിക്കുന്നവന്റെ അറിവനുസരിച്ച് ആണ് പറയുന്നത് ഒന്നെന്താണ് വ്യാവഹാരിക ദൃഷ്ടി ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അറിവ് എന്റെ അനുഭവത്തെ ആശ്രയിച്ചുള്ള ആ അറിവ് എങ്ങനെയാണ് ഒരാൾക്ക് പ്രപഞ്ചം അനുഭവപ്പെടുന്നത് അതിനെ ആശ്രയിച്ചുള്ള അറിവ് പ്രപഞ്ചം അനുഭവപ്പെടുന്നത് അത് യഥാർത്ഥമായി അനുഭവപ്പെടുന്നു അതും പ്രമാണങ്ങളിലൂടെ പ്രത്യക്ഷം അനുമാനം തുടങ്ങി പ്രമാണങ്ങളിലൂടെ യഥാർത്ഥമായി അനുഭവപ്പെടുന്നു അനുമാനം എന്ന് പറയുമ്പോൾ അവിടെ യുക്തിയെ ആശ്രയിക്കും അനുഭവത്തിനും യുക്തിക്ക് നിരക്കുന്ന പ്രപഞ്ചം അനുഭവപ്പെടുന്ന രീതിയിൽ ഈ തത്വത്തെ തന്നെ പ്രതിപാദിക്കും അതാണ് ശ്രുതി തന്നെ പറയുന്നു ഇത് ആകാശത്തിൽ നിന്നും വായുണ്ടായി വായു നിന്നും അഗ്നി അഗ്നിയിൽ നിന്ന് ജലം ജലത്തിൽ നിന്നും പൃഥിവി ഇങ്ങനെ സൃഷ്ടിയുണ്ടായി എന്ന് പറയും സൃഷ്ടിക്രമത്തെക്കുറിച്ച് പറയും അങ്ങനെ പറയുന്നതിന് ചില യുക്തികളുണ്ട് കാരണ ഗുണങ്ങൾ കാര്യത്തിൽ അനുവർത്തിക്കുന്നു ഇങ്ങനെയുള്ള ചില യുക്തികളെ സ്വീകരിക്കുന്നു പ്രമാണത്തെ സ്വീകരിക്കുന്നു ശാസ്ത്രം അതിന് പ്രമാണമാണ് അനുമാനം അതിനെ സമർത്ഥിക്കുന്നു ഇത് വ്യാവഹാരികമായ തത്വപ്രതിപാദനം പറയും ആ വ്യാവഹാരികമായ തത്വപ്രതിപാദനം പറയുമ്പോ ഇതേ അദ്വൈത ശാസ്ത്രം തന്നെ ഉപനിഷത്ത് തന്നെ പറയുന്നു സൃഷ്ടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതിനനുസരിച്ചാണ് പറയുന്നത് സ്വപ്നം ജാഗ്രത്തിന്റെ കാര്യമാണോ നമ്മൾ അദ്വൈതം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോ അങ്ങനെയാ മനസിലാക്കുന്നത് ജാഗ്രത്തില് ജാഗ്രതത്തിന്റെ അനുഭവത്തിൽ നിന്ന് സംസ്കാരങ്ങളുണ്ടാകുന്നു ആ സംസ്കാരം സുപ്തമായിരിക്കുന്നു ഉറക്കത്തിൽ ആ സംസ്കാരങ്ങൾ വേണ്ടി ജാഗ്രതാവുന്നു അതിൽ നിന്ന് സ്വപ്നമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ജാഗ്രത സ്വപ്നവും തമ്മിലൊരു കാര്യകാരണ ബന്ധമുണ്ട് സ്വപ്നത്തിന് ജാഗ്രത കാരണമായി സ്വപ്നവും കാര്യമായി ഇങ്ങനെ പറയുന്നുണ്ട് അദ്വൈതം തന്നെ പക്ഷെ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് പരമാർത്ഥമല്ല നമ്മുടെ അനുഭവത്തെ ആശ്രയിച്ച് പറയുകയാണ് കാരണം ജാഗ്രത സ്വപ്നവുമായി താരതമ്യം അനുഭവം ഉണ്ടെന്നും ജാഗ്രതയിൽ കാണുന്ന ദൃശ്യങ്ങൾക്ക് സദൃശമായ ദൃശ്യങ്ങൾ കാണുന്നു ജാഗ്രതത്തിലെ നുഭവങ്ങളോട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വപ്നത്തിലുണ്ടാവും അത് വളരെ ദൃഢമായ ബന്ധം നമുക്ക് അനുഭവപ്പെടുന്നു സ്വാഭാവികമായിട്ടും അവിടെ യുക്തി പ്രയോഗിക്കുന്നു ആ യുക്തി അനുസരിച്ച് തീരുമാനിക്കുന്നു ഇത് ജാഗ്രതന്റെ കാര്യം തന്നെ അജാതവാദത്തിനും കാര്യകാരണ ബന്ധത്തെ അംഗീകരിക്കാനൊക്കത്തില്ല ഒരിടത്തും ജാഗ്രതനുള്ളിൽ തന്നെ കാര്യകാരണമില്ല ജാഗ്രത സ്വപ്നം തമ്മിലും കാര്യകാരണമില്ല ഒന്നും പരമാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ കാര്യകാരണഭവും അതുകൊണ്ട് വ്യാവഹാരികമായ കാഴ്ചപ്പാടിനെ നമ്മുടെ അറിവിന് അനുസരിച്ചിട്ടാണ് പറയുന്നത് ജാഗ്രത് സ്വപ്നത്തിന് കാരണമാണ് ഇവിടുത്തെ പറയുന്നത് തത്വദൃഷ്ടിയ പാരമാർത്ഥികമായ കാഴ്ചപ്പാടിൽ പറഞ്ഞാലോ ഇത് തികച്ചു സ്വതന്ത്രമാണ് സ്വതന്ത്രമാണെന്ന് പറഞ്ഞാൽ ഇത് രണ്ട് സമമാണ് തത്വദൃഷ്ടിയിൽ സമമാണ് തത്വദൃഷ്ടിയിൽ സമമാണെന്ന് മാത്രമല്ല തത്വദൃഷ്ടിയിൽ ഒന്നു തന്നെ ഒരേ അനുഭവം തന്നെ ജാഗ്രതും സ്വപ്നവും ഒരേ അനുഭവം തന്നെ ഒരേ അനുഭവമാണെങ്കിൽ എങ്ങനെയാണ് കാര്യകാരണഭാവം വരും ജാഗ്രതയിൽ തന്നെ ഒരാൾക്ക് ഒരു സ്ഥലത്ത് സർപ്പഭ്രാന്തി ഉണ്ടായി വേറെ സ്ഥലത്ത് രഹിതഭ്രാന്തി ഉണ്ടായി വേറെ സ്ഥലത്ത് മരുമരീചികാഭ്രാന്തി ഉണ്ടാവും അങ്ങനെ നൂറുകണക്കിന് ഭ്രാന്തികളുണ്ടാവും അനുഭവം ഇതൊന്നും മറ്റൊന്നിനെ കാരണമായി തീരും ഒന്നും മറ്റൊന്നിന് കാരണമാകുന്നില്ല രജതഭ്രാന്തി കൊണ്ടല്ല സർവഭ്രാന്തി ഉണ്ടായത് ഇതൊന്നും മറ്റൊന്നിന് കാരണമാകുന്നില്ല അതുപോലെ ഒരു അനുഭവമാണ് സ്വപ്നം അതിന് മറ്റൊരു ഭ്രാന്തിയുടെ സഹായം ആവശ്യമുണ്ട് അത് സ്വതന്ത്രമാണ് സ്വതന്ത്രമായ ഒരു അനുഭവമാണ് സമാനമാണ് ഒരു തരത്തിൽ ഇതെല്ലാം ഒരേ തരത്തിലുള്ള അനുഭവം തന്നെ നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല ഇത് ജാഗ്രതയുടെ അനുഭവം വ്യാവഹാരികമാണ് സ്വപ്നത്തിന്റെ അനുഭവം പ്രാതിഭാസികമാണ് എന്നിങ്ങനെ വേർതിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പറയാറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വ്യാവഹാരിക ദൃഷ്ടി ആശ്രയിച്ചിട്ട് ഇത് വ്യാവഹാരികാനുഭവം സ്വപ്നം പ്രാതിഭാസികം എന്ന് പറയും അത് പരമാർത്ഥമല്ല അത് വ്യാവഹാരിക ദൃഷ്ടിയിൽ പറയുന്നതാണ് സ്വപ്നം എങ്ങനെയാണോ പ്രാതിഭാസികമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് അതുപോലെ ബോധ്യപ്പെടേണ്ട ഒന്നാണ് ഇതും ജാഗ്രതവും പ്രാതിഭാസികമാണ് വ്യാവഹാരികമല്ല സംശയമ അതെങ്ങനെയാകും കാരണം സ്വപ്നത്തെ നമ്മൾ തിരിച്ചറിയുന്നു അത് ഒരു ഭ്രാന്തിയായിരുന്നു പ്രാതിഭാസികം എന്ന് പറയുന്ന ഭ്രാന്തി സത്യമല്ലാത്ത അനുഭവം എന്ന് നമ്മളതിനെ തിരിച്ചറിയുന്നു ജാഗ്രതത്തിൽ അങ്ങനെയല്ലോ ജാഗ്രത നമുക്ക് യഥാർത്ഥമായ അനുഭവമുണ്ട് ഭ്രാന്തിയും തർക്കിയന്മാരും മറ്റും പറയുന്ന അങ്ങനെയാണ് അനുഭവം രണ്ടു തരത്തിലുണ്ട് ഒന്ന് യഥാർത്ഥ അനുഭവം മറ്റൊന്ന് യഥാർത്ഥ അനുഭവം രജ്ജുവിന്റെ അനുഭവം യഥാർത്ഥ അനുഭവം സർപ്പത്തിന്റെ അനുഭവം യഥാർത്ഥ അനുഭവം ഈ അനുഭവത്തിൽ ജാഗ്രത് അനുഭവത്തിൽ ഒരു വ്യാവഹാരികത ഒരു യാഥാർത്ഥ്യ ബോധം നിലനിൽക്കുന്നു അവിടെ യഥാർത്ഥമായ അനുഭവങ്ങൾ ഉണ്ടാകാമെങ്കിലും ഒരു യാഥാർത്ഥ്യ ബോധം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനെങ്ങനെ പ്രാതിഭാസികം പറയാൻ കഴിയും എന്ന് ചോദിക്കാം അങ്ങനെ ചിന്തിച്ചാൽ സ്വപ്നവും പ്രാതിഭാസികവുമല്ല സ്വപ്നം വ്യാവഹാരികമെന്ന് പറയേണ്ടി വരും എന്തുകൊണ്ട് പറഞ്ഞ സ്വപ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വ്യാവഹാരികമായിട്ട് അനുഭവിക്കും പ്രാതിഭാസികമായിട്ടാണ് അവിടെയും നമുക്ക് യഥാർത്ഥ അനുഭവം യഥാർത്ഥ അനുഭവം അവിടെയും ഉണ്ടാകാം സ്വപ്നത്തിൽ ഒരാൾക്ക് രജ്ജു സർപ്പഭ്രാന്തി ഉണ്ടായിരുന്നിരിക്കട്ടെ അങ്ങുണ്ടാകാം അവിടെ അയാൾ യഥാർത്ഥമായ രജ്ജുവിൽ കൽപ്പിതമായ സർപ്പത്തെ ആരോപിക്കുന്നു എന്ന് തന്നെ ആയിരിക്കും അയാളുടെ അനുഭവം അവിടെ അതും പറയുന്നു അങ്ങനെ ചിന്തിച്ചാൽ പക്ഷേ അവിടുത്തെ രജവും സർപ്പവും എല്ലാം പ്രാതിഭാസികമാണെന്ന് ഉണർന്നതിന് ശേഷം തീരുമാനിക്കുന്നു ഇവിടെ മരുഭൂമിയിൽ നിന്നുകൊണ്ട് മരുമരീചിയെ കാണുമ്പോൾ നമ്മൾ ധരിക്കുന്നു നമ്മൾ നിൽക്കുന്ന മരുഭൂമി സത്യമാണ് അവിടെയുണ്ടായ ്രമമാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ വ്യാവഹാരികമായ അനുഭവത്തിൽ ഭ്രമ അനുഭവം എന്ന് നമ്മളിവിടെ പറയുന്നു സ്വപ്നത്തിലൊരാൾ മരുഭൂമിയിൽ നിന്നുകൊണ്ട് മരീചിയെ കാണുകയാണെങ്കിൽ അവിടെയും ഇത് തന്നെ സംഭവിക്കുന്നു അവിടെയും അയാൾക്ക് പറയാൻ കഴിയും എന്താണ് ഞാൻ ഇതാ സത്യമായ മരുഭൂമിയിൽ നിന്നുകൊണ്ട് മരീചിയെ കാണുന്നു അവിടെയും അനുഭവകാലത്തിൽ അത് വ്യാവഹാരികമാണ് പക്ഷെ ഉണർന്നതിന് ശേഷം പറയുന്നു അവിടെയെല്ലാം അവിടുത്തെ ആ വ്യവഹാരവും അവിടെ ഉണ്ടായ ഭ്രാന്തി എല്ലാം പ്രാതിഭാസികമാണ് അതാണിവിടെ ആചാര്യൻ ജാഗ്രതനെ കുറിച്ച് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ജാഗ്രതലും നിങ്ങളിവിടെ വ്യാവഹാരികവും പ്രാതിഭാസികവും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ ഇത് പ്രാതിഭാസികം തന്നെ അതെനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ സ്വപ്നത്തെ മനസ്സിലായതുപോലെ സ്വപ്നത്തിൽ നിന്ന് വിട്ടപ്പോഴാണ് സ്വപ്നത്തെ മനസ്സിലായത് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോ സ്വപ്നം മനസ്സിലാവും അതുപോലെ ഈ ജാഗ്രത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ മനസ്സിലാകും ഇതും പ്രാതിഭാസികമാണ് അതിനാണ് തുര്യ അധികമം എന്ന് മുമ്പ് സ്തുരീയസ്ഥിതൻ എന്ന് പറഞ്ഞു ഇതും പ്രാതിഭാസികമാണെന്ന് ബോധ്യപ്പെടുന്നു ഇതിൽ രണ്ടില്ല വ്യാവഹാരികമായ ഭാവങ്ങൾ അതിൽ ക്ഷണികമായ പ്രാതിഭാസിക അനുഭവങ്ങൾ അങ്ങനെ രണ്ടില്ല സ്വപ്നത്തിൽ എങ്ങനെയാണോ രണ്ടില്ല എന്ന് ബോധ്യപ്പെട്ടത് അതുപോലെ ഇതും അങ്ങനെ ബോധ്യപ്പെടുന്നു അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ജാഗ്രത സ്വപ്നവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് െന്ന് പറഞ്ഞാൽ അതിനോട് പറയുന്ന തത്വദൃഷ്ടികൾ വ്യാവഹാരികമെന്ന് പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞു പ്രമാണത്തിന്റെ യുക്തിയുടെ ലൗകികമായ അനുഭവത്തിന്റെയും നില അതാണ് വ്യാവഹാരികം പാരമാർത്ഥികം എന്ന് പറഞ്ഞാലോ ഈ തുരിയധികമം തുരിയ പ്രാപ്തി അല്ലെങ്കിൽ തത്വജ്ഞന്റെ നില തത്വജ്ഞാനിയുടെ നില എന്ന് പറയും ആ നിലയിൽ നിന്ന് പറയുമ്പോ ഇവിടെ പ്രാതിഭാസികം എന്ന ഒരു തലം മാത്രമേ ഉള്ളൂ വ്യാവഹാരികം പ്രാതിഭാസികം എന്ന രണ്ട് തലം ഇല്ല ഒന്നെയോ സ്വപ്നം ജാഗ്രത് ഇപ്പൊ വ്യാവഹാരികമായി പറയുമ്പോ പറയും ഈ ജാഗ്രത എന്ന് പറയുന്നത് യുക്തി കൊണ്ടും പ്രമാണം കൊണ്ടും എല്ലാം പരിശോധിച്ചിട്ട് പറയും ഇതൊരു സ്വപ്ന സദൃശമാണ് യുക്തികൾ പറയും സ്വപ്നം മാറിപ്പോകുന്നത് പോലെ തന്നെ ഇതും മാറിപ്പോകുന്നു അതുകൊണ്ട് ഇത് സ്വപ്ന സദൃശമാണ് പാരമാർത്ഥിക ദൃഷ്ടി പറയുമ്പോഴോ ഇത് പ്രാതിഭാസികം തന്നെ സ്വപ്നം തന്നെ അതുകൊണ്ട് ഈ രണ്ട് കാഴ്ചപ്പാട് ശരിയാണ് പരമാർത്ഥികം എന്ന് പറയുമ്പോൾ അത് വിദ്വതനുഭവം വ്യാവഹാരികം എന്ന് പറയുമ്പോൾ അത് സർവജനസാധാരണം ഈ രണ്ടനുഭവത്തെ ആശ്രയിച്ചിട്ടാണ് സർവത്ര ഈ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന വിഷയത്തെ ചർച്ച ചെയ്യുന്നു അതിന് അടുത്തു വരുന്ന കാര്യം പൂർവക്ഷീണ ചോദ്യം നിങ്ങൾ സർവവും പ്രാതിഭാസികം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതായത് അദ്വൈത ശാസ്ത്രത്തിന് തന്നെ വിരോധം വരുമല്ലോ ഇവിടെ ഈ സമാധാനം തന്നെ പറയും അപ്പോൾ വ്യാവഹാരികവും പ്രാതിഭാസികവും തമ്മിലുള്ള മുഖ്യമായ വ്യത്യാസം എന്താണ് വ്യാവഹാരികത്തിൽ കാര്യകാരന് ബന്ധമുണ്ട് കാരണത്തിൽ നിന്ന് കാര്യം ആ കാര്യത്തിൽ നിന്ന് കാരണം ഇങ്ങനെ ഇത് പോയിക്കൊണ്ടേയിരിക്കുന്നു അതാണ് വ്യാവഹാരികമായ നില ഈ ചോദ്യം വരുന്നത് എന്താണോ വൃക്ഷത്തിൽ നിന്ന് വിത്താണോ വിത്തിൽ നിന്ന് വൃക്ഷമാണോ യുക്തി പ്രയോഗിക്കുന്നത് പ്രമാണം പ്രയോഗിക്കുന്നത് ഇത് അനാദിയാണെന്ന് പറയുന്നത് തന്നെ അവിടെയാണ് പ്രാതിഭാസികമായ നിലയിലോ അവിടെ കാര്യകാരണ ഭാവങ്ങളൊന്നുമില്ല ഏകമായ അനുഭവം മാത്രം ഒരേ ഒരു അനുഭവം മാത്രം ജാഗ്രത സ്വപ്നങ്ങൾക്ക് അവിടെ ഭേദമില്ല അതുകൊണ്ട് തന്നെ കാര്യകാരണ ബന്ധമില്ല ഒന്നിൽ നിന്ന് മറ്റൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല രണ്ടും ഒരേ അനുഭവം തന്നെ ഒരേ അനുഭവത്തിന്റെ തന്നെ തുടർച്ചയാണ് ജാഗ്രത എന്ന് സ്വപ്നമെന്നും പറയും എങ്ങനെ തത്വദൃഷ്ടി ഇന്നലെ നമുക്ക് അനുഭവപ്പെട്ടതുപോലെ ആയിരിക്കില്ല ഇന്ന് അനുഭവപ്പെടുന്നത് അവിടെ വിഷയങ്ങൾ മാറാം കാലത്തിന് മാറ്റം വന്നു ദേശത്തിനും മാറ്റം വന്നു അതെല്ലാം സംഭവിക്കാം പക്ഷെ അനുഭവം എന്നുള്ളത് നനക്കിതൊന്നു തന്നെ ഇന്നലെ അനുഭവിച്ച ജാഗ്രത തന്നെയാണ് ഇന്നും അനുഭവിക്കുന്ന ജാഗ്രത ജാഗ്രത എന്നുള്ള നനക്ക് വ്യത്യാസം അതുപോലെയാണ് സ്വപ്നവും ജാഗ്രത ഉണ്ടാകുന്നത് പ്രതീതി എന്നുള്ള എനിക്ക് വ്യത്യാസം വിഷയങ്ങൾ മാറി വരാം സ്വപ്നത്തിൽ പുരുഷൻ സ്ത്രീയാകാം ഇതെല്ലാം സംഭവിക്കാം പക്ഷെ പ്രതീതിക്ക് മാറ്റമില്ല അതുകൊണ്ട് ഇത് ഏക അനുഭവമാണോ ഏകമായ അനുഭവമാണെങ്കിൽ ഇതിലെങ്ങനെ പരസ്പര കാര്യകാരണഭാവം വരും വരത്തില്ല അറിവില്ലായ്മ കൊണ്ട് പറയുന്നത് എന്താണോ ജാഗ്രതയിൽ നിന്ന് സ്വപ്നം ഉണ്ടായി ജാഗ്രത സ്വപ്നമാണ് കാരണം എന്നെല്ലാം പറയും എന്ന് പറയുമ്പോൾ ഇവിടെ കാര്യകാരണഭാവത്തെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഒരു പ്രതീതി എന്നതിനപ്പുറം ജഗത്തിന് വാസ്തവത്തിലുള്ള ഒരു സൃഷ്ടി സംഭവിക്കുന്നേയില്ല സൃഷ്ടിയില്ലെങ്കിൽ സ്ഥിതി ലേയങ്ങളുമില്ല ഇതാണ് പരമാർത്ഥം ഏത് തരത്തിലുള്ള ഒരു സൃഷ്ടി സംഭവിക്കാം ഏത് തരത്തിൽ ചിന്തിച്ചാലും സംഭവിക്കാൻ വഴിയില്ല അതാണ് ഈ കാര്യം പറയുന്നത് നാൽപ്പതാമത്തെ പരമാർത്ഥത്തിൽ ഒരു തരത്തിലും ഏതെങ്കിലും ഒരു രീതിയിൽ ഇവിടെ കാര്യകാരണഭാവം ഉണ്ടാകത്തില്ല കാര്യകാരണഭാവം നിലനിൽക്കത്തില്ല പരമാർത്ഥം എങ്ങനെ ഏതെല്ലാം തരത്തിൽ കാര്യകാരണഭാവം സംഭവിക്കാം അത് പറയും നാസ്തി അസദ്ഹേതുകം അസത് സാദിഹേതു കാരണം യസഹേവാ ഖകുസുമാദേഹേ തത് അസത്ഹേതുകം അസത് നാസ്തി അസത്ഹേതുകം ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോ ഈ സൃഷ്ടിയുടെ കാരണം എന്താ അസത്താണോ അസത്തിൽ നിന്ന് അത് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് അസത്തെന്ന് പറയുന്നത് എന്തിനാണ് ശശവിഷാളം മുയൽക്കൊമ്പം എന്ന് പറയുന്നത് ഒരു ദാനം ശശശൃംഗം അതാണ് അസത്തെന്ന് പറയുന്നത് അതിൽ നിന്നിവിടെ എന്തെങ്കിലും ഉണ്ടാകാറുണ്ടോ ഉണ്ടായാൽ അതിനെ കാരണമായും ഈ പ്രപഞ്ചത്തെ കാര്യമായും പറയാം അത് സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അസത്ഹേതുകം അസത് എന്ന് പറയാൻ കഴിയില്ല അസത് ന വിദ്യഘടാദിവസ്തു അസദ്ഹേതുകം ശശവിഷാണാദികാരിയം അസത്ത് അസത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് ഇനി സത്ത് അസത്തിൽ നിന്നുണ്ടാകുമോ സത്ത് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്ന ഉള്ളതായി അനുഭവപ്പെടുന്ന ഇതെല്ലാം അസത്തിൽ നിന്നുണ്ടാകുമോ ഉണ്ടാകുന്നുണ്ട് അസത്തിൽ നിന്നും അസത്തുണ്ടാകുന്നില്ല അസത്ത് നിന്ന് സത്വം ഉണ്ടാകുന്നില്ല സദബി ഘടാദി വസ്തു അസത് ഹേതുക്കം ഘടാദി വസ്തുക്കൾ അത് അസത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല ശേഷവിഷണാദികം നസ്തി അങ്ങനെയും സംഭവിക്കാൻ വഴിയില്ല ഇതിന് കാരണമായി യഥാർത്ഥമായി നമ്മൾ അനുഭവപ്പെടുന്ന ഈ വസ്തുക്കൾക്ക് കാരണമായി അസത്തിനെ പറയാൻ വയ്യ സത്യ വിദ്യമാനം ഘടാതി വിദ്യമാനഘടാതി വസ്തുതരകാരി ഇനി സത്തിൽ നിന്ന് സത്ത് ഉണ്ടാവുന്നു അങ്ങനെ ഒരു നിയമം ഉണ്ടാകാൻ പറ്റുമോ അങ്ങനെയൊരു നിയമം ഉണ്ടായാൽ വസ്ത്രം സത്താണ് അതിൽ നിന്ന് വേറൊരു വസ്ത്രം ഉണ്ടാവണം ആ നിയമം ഉണ്ടായാൽ നൂലിൽ നിന്ന് വസ്ത്രമുണ്ടായാൽ പോരാ സത്തിൽ നിന്ന് സത്തുണ്ടാവണം വസ്ത്രം സത്താണ് അതിൽ നിന്ന് വസ്ത്രം ഉണ്ടാവണം നൂല് സത്താണ് അതിൽ നിന്ന് നൂലുണ്ടാവണം ഒന്നിൽ നിന്ന് അത് തന്നെ ഉണ്ടാവണം അത് സംഭവിക്കുന്നില്ല കാരണം അത് സത്താണ് സത്തിൽ നിന്നും സത്ത് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അതുതന്നെ സംഭവിക്കും അതും കാണുന്നില്ല ഏത് തരത്തിലാണ് ഇവിടെ കാര്യകാരണ ബന്ധത്തെ നിങ്ങൾ സൃഷ്ടിക്കുന്നത് സത്കാര്യം അസത്കുതദേവ സംഭവതി ഇനി സത്തിൽ നിന്ന് അസത്തുണ്ടാകുമോ സത്തായിരിക്കുന്ന ഈ വസ്തുക്കളിൽ നിന്ന് അസത്തായ ശശവിഷാണുണ്ടാകുന്നുണ്ടോ അത് സംഭവിക്കുന്നു അപ്പൊ നാല് തരത്തിലുള്ള കാര്യകാരണ ബന്ധത്തെ ഇവിടെ നിഷേധിക്കുകയാണ് അസത്തിൽ നിന്ന് അസത്തുണ്ടാകുമോ ഇല്ല അസാധ്യമല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശശവിഷാണത്തിൽ നിന്ന് ശശവിഷാണുണ്ടാകണം അസാധ്യമില്ല ഇനി അസത്തിൽ നിന്ന് സത്തുണ്ടാകുമോ ശശവിഷാണത്തിൽ നിന്ന് വസ്ത്രം ഉണ്ടാവുക അത് സംഭവിക്കുന്നുണ്ട സത്തിൽ നിന്ന് സത്തുണ്ടാകുമോ വസ്ത്രത്തിൽ നിന്ന് വസ്ത്രം ഉണ്ടാവുക അത് സംഭവിക്കുന്നുണ്ടീ സത്തിൽ നിന്ന് അസത്തുണ്ടാകുമോ വസ്ത്രത്തിൽ നിന്നും ശശവിഷാണമുണ്ടാകുക അത് സംഭവിക്കുന്നുണ്ട് ഈ നാലു തരത്തിലുള്ള അല്ലാതെ സൃഷ്ടിക്ക് വേറെ യാതൊരു തരത്തിലുള്ള ഇത് പറയുന്നത് വ്യാവഹാരികമായിട്ടല്ല വ്യാവഹാരികമായിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാൻ എന്താണ് മണ്ണിൽ നിന്ന് ഉടമുണ്ടാകുന്നു മൂനിൽ നിന്ന് വസ്ത്രം ഉണ്ടാകുന്നു പിതാവിൽ നിന്ന് പുത്രണുണ്ടാകുന്നു ഇവിടെയൊക്കെ നമുക്ക് കാര്യകാരണ ബന്ധത്തെ കണ്ടുപിടിക്കാം ഇത് ആ രീതിയിലല്ല പറയുന്നത് പാരമാർത്ഥികമായ ദൃഷ്ടി ചിന്തിക്കുക പാരമാർത്ഥികമായ ദൃഷ്ടി എന്ന് പറയുമ്പോൾ തത്വജ്ഞന്റെ അനുഭവത്തിന്റെ തലത്തിൽ ചിന്തിക്കുക അവിടെ ഒരു തരത്തിനും സൃഷ്ടിക്കുള്ള സാധ്യതയില്ല അതുകൊണ്ടാണ് ഇവിടെ അദ്വൈതി അസത്കാര്യത്തെക്കുറിച്ച് പറയുന്നത് വേദാന്തത്തിൽ ഇതെല്ലാം പറയുന്നു സത്കാര്യവും അസത്കാര്യവും തുടങ്ങി പല വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നത് വേദാന്തമല്ല അദ്വൈതമാണ് വേദാന്തത്തിൽ വിശേഷിച്ച് വരുന്ന അദ്വൈതം അദ്വൈത മതമനുസരിച്ച് സൃഷ്ടി സാധ്യമേ അല്ല അതും അദ്വൈതത്തില് പാരമാർത്ഥിക മതമനുസരിച്ച് അദ്വൈതത്തിൽ തന്നെ വ്യാവഹാരികമായ മതമുണ്ട് ആ മതത്തിൽ സൃഷ്ടി അംഗീകരിക്കാം പാരമാർത്ഥികമായ മതമനുസരിച്ച് സൃഷ്ടി സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഉപനിഷത്തിൽ അങ്ങനെയല്ല സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ നാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ വേദാന്തത്തിൽ പല കാഴ്ചപ്പാടുകളുണ്ട് അതിൽ പ്രത്യേകമായൊരു കാഴ്ചപ്പാടാണ് അദ്വൈതം അദ്വൈതത്തിൽ തന്നെ രണ്ട് കാഴ്ചപ്പാട് ഒന്ന് വ്യവഹാരികം മറ്റൊന്ന് പാരമാർത്ഥികം അതിവിടെ മാണ്ഡൂത്യത്തിൽ ചർച്ച ചെയ്യുന്നത് പാരമാർത്ഥിക ദൃഷ്ടിയെ കുറിച്ചാണ് അദ്വൈതത്തിൽ തന്നെ വ്യവഹാരിക ദൃഷ്ടിയെ ചർച്ച ചെയ്യുന്ന പല ഗ്രന്ഥങ്ങളുമുണ്ട് അതുകൊണ്ട് ആ പാരമാർത്ഥിക ദൃഷ്ടിയിൽ സൃഷ്ടി ഇല്ല എന്നാ പ്രാതിഭാസികം എന്ന് പറഞ്ഞാൽ എന്താണോ അവിദ്യാജന്യം മായാമയം അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ യാതൊരു വാസ്തവികതയും ഇല്ല അതുകൊണ്ട് ഇവിടെ പറയുന്നു അതോ വിവേകിനാണ് അപ്രസിദ്ധേവ കാര്യകാരണഭാവ് കസരി അതുകൊണ്ട് ഇവിടെ പറയുന്നത് വിവേകികളെ സംബന്ധിച്ചാണ് ജ്ഞാനികളെ സംബന്ധിച്ചാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാര്യകാരണഭാവം എന്നൊന്നില്ല ഇവിടെ അപ്രസിദ്ധമാണ് അങ്ങനെ ഒന്നും കണ്ടെത്താൻ കഴിയത്തില്ല ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒന്നും നിലനിൽക്കുന്നുമില്ല ഒരേ ഒരു പ്രതീതി തന്നെ ജാഗ്രതത്തായും സ്വപ്നമായും അനുഭവപ്പെടുന്നു അസത് ഹേതുകം അസത് സദസത് ഹേതുകം തഥ സച്ച സഭേദു നദ്ധേദുഗമസു വിപചി ആസാ യഥാഗ്ര അചിന്ത്യൻ ഭൂത വത്പശേത് ർമാൻ തത്ര പശ്യത്തിനരോഭാവാശങ്ക അസത്തോ ഇത് രണ്ടും പ്രാതിഭാസികമാണ് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം എന്നുവെച്ചാൽ സ്വപ്നം പ്രാതിഭാസികമാണ് ജാഗ്രത വ്യാവഹാരികമാണ് അങ്ങനെ ഒരു ഭേദം പരമാർത്ഥദൃഷ്ടിയിലില്ല അതുകൊണ്ട് അതിൽ കാര്യകാരണഭാവ ആശങ്ക അപനയൻ അതിൽ കാര്യകാരണശങ്ക ജാഗ്രത് കാരണം സ്വപ്നം കാര്യമാണ് എന്നുള്ള ഈ ശങ്കയെ നിഷേധിക്കുന്നതിന് വേണ്ടി പറയുന്നു ഇത് ഒരേ പ്രതലത്തിൽ പല കാഴ്ചകൾ വരുന്നത് പോലെയുള്ള ജാഗ്രത സ്വപ്നം എന്ന് പറയുന്നു ഇവിടെ പ്രതലം എന്താണ് തുര്യന്തൻ അതുകൊണ്ടാണ് തുര്യൻ ആ പേര് കിട്ടിയത് തുര്യൻ നാലാമത്തത് എന്ന് പേരുകിട്ടാൻ കാരണം അതാണ് ഒരേ തുരിയിൽ തന്നെ ജാഗ്ര പ്രാതിഭാസികമായി പ്രതീതമാകുന്നു കൽപ്പനാരൂപത്തിൽ പ്രതീതമാകുന്നു നേരത്തെ പറഞ്ഞല്ലോ ചിത്തസ്പന്ദന രൂപത്തിൽ ഇവിടെ ചിത്തം ചിത്തം എന്ന് പറയുമ്പോൾ സാധാരണ അദ്വൈതത്തിൽ പറയുന്ന ചിത്തം എന്നുള്ള അർത്ഥം കൊടുക്കരുത് അവിടെ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നിങ്ങനെ നാലായി പിരിച്ചിട്ട് ഒരു ചിത്തത്തെ കുറിച്ച് സ്മരിക്കുന്നതാണ് ചിത്തം ഇവിടെ അങ്ങനെയല്ല ഇവിടെ ചിത്തം എന്ന് പറഞ്ഞാൽ ചിത് എന്നുള്ള അർത്ഥത്തിലാണ് ചിത് എന്നുള്ള അർത്ഥത്തിലാണ് ചിത്തം എന്ന് പറയുന്നത് അല്ലാതെ അത് പറഞ്ഞല്ലോ അത് പറയുന്നത് വ്യാവഹാരിക ദൃഷ്ടി പറയുന്നതാണ് ഇവിടെ പറയുന്നത് പരമാർത്ഥിക ദൃഷ്ടി ചിത്തിന്റെ സ്പന്ദനമാണ് എന്നാണ് അതിന് ചിത്തത്തിന്റെ സ്പന്ദനം എന്ന് പറയുന്നത് അതിനാണ് അടുത്ത് ദൃഷ്ടാന്തം പറയുന്നത് ആ ചിത്തിന്റെ സ്പന്ദനമെന്നുള്ള നിലയ്ക്ക് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഇത് ഈ ചിത്തിൽ മാറി മാറി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ മൂന്നവസ്ഥകൾ ഒന്നിൽ തന്നെ മാറി മാറി സംഭവിക്കുമ്പോൾ ആ ഒന്ന് അത് മാറ്റം സംഭവിക്കാതെ നിൽക്കുന്നതുകൊണ്ട് അതിനെ നാലാമത്തതെന്ന് വിളിക്കുകയാണ് അത് നാലാമത്തേതായി നിൽക്കുന്നോണ്ടല്ലോ നമ്മൾ കക്ഷികാരൻ പറഞ്ഞു സംഖ്യ കൊണ്ടുള്ള നാലാമത്തേതല്ല അത് മൂന്നിനും ആധാരമായി മൂന്നും മാറുമ്പോൾ മാറ്റമില്ലാതെ നിൽക്കാൻ കഴിയുന്നു അതുകൊണ്ട് ആ മൂന്നിൽ നിന്നും അതിനെ വ്യത്യാസപ്പെടുത്തി കാണിക്കണം മൂന്നിൽ നിന്ന് ഒന്നിനെ നമുക്ക് വേർതിരിച്ച് കാണിക്കണമെങ്കിൽ സാധാരണ നമ്മൾ പറയും അത് നാലാമത്തേതെന്ന് പറയും അതിന്റെ അർത്ഥം ഇത് നാനാമത്തെന്നല്ല അതുകൊണ്ട് തുലിയെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം എന്താണ് അത് ജാഗ്രതത്തിലില്ലാത്തതാണ് സ്വപ്നത്തിലില്ലാത്തതാണ് സുഷുക്തിയിലില്ലാത്തതാണ് അത് മറ്റെവിടെയാണ് പോയി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ള ആ ഒരു സങ്കല്പം അത് മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ വ്യാവഹാരികമായി സങ്കല്പിച്ചെടുക്കുന്നതാണ് അങ്ങനെ തോന്നത്തക്ക രീതിയിൽ തെരടുകാര്യങ്ങളെ വിശദീകരിക്കുന്നു പക്ഷേ അത് പാരമാർത്ഥിക ദൃഷ്ടിയല്ല ജാഗ്രത സ്വപ്ന സുഷുപ്തികൾക്ക് ആധാരമായി അല്ലെങ്കിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ നിലനിർത്തുന്നത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും എല്ലാം പരമാർത്ഥത്തിലുള്ളത് അത് ഈ പ്രതീതിയിൽ നിന്നും ഈ ഭാനത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിന് തുര്യം മൂന്നിൽ നിന്നും വേറിട്ടതുകൊണ്ട് നാലാമത്തത് എന്ന് പറയും അവിടെ ആ നാലാമത്തത് തുര്യനാണ് ഈ മൂന്നെണ്ണം സ്വതന്ത്രമായി നിൽക്കുകയാണ് സ്വപ്നവും സുഷുപ്തി നമ്മൾ സാധാരണ അദ്വൈതത്തിൽ പഴിക്കുന്നതാണോ സുഷുതി കാരണശരീരം അതിൽ നിന്ന് ജാഗ്രത സ്വപ്നവും ഉണ്ടാകുന്നു അപ്പൊ സുഷുപ്തിയെ കാരണമായി പറഞ്ഞ് ജാഗ്രത സ്വപ്നങ്ങളെ കാര്യമായി പറയും ആ സുഷൃത്തിയിൽ നിന്ന് ജാഗ്രത് ആ ജാഗ്രതയുടെ സംസ്കാരങ്ങളുടെ സ്വപ്നം അതുകൊണ്ട് രണ്ടിനും കാരണം സുഷുതിയാണെന്ന് പറയും അങ്ങനെ അദ്വൈതത്തിൽ പറയാറുണ്ട് പക്ഷെ അതും എങ്ങനെ ഇവിടെ പറഞ്ഞ തത്വദൃഷ്ടിയിലല്ല വ്യാവഹാരിക ദൃഷ്ടി പരമാർത്ഥദൃഷ്ടി പറയുന്നത് പരമാർത്ഥദൃഷ്ടിയിൽ ഇവിടെ കാര്യകാരണ ബന്ധമില്ല ജാഗ്രത സ്വപ്ന സുഷൃപ്തികൾക്ക് പരസ്പരം കാര്യകാരണ ബന്ധമില്ല അതാണ് അത് വിധം കാര്യകാരണ ബന്ധമില്ല കാരണം ഇവിടെ കാര്യമായിട്ടൊന്നില്ല കാര്യമായി ഒന്നില്ലെങ്കിൽ പിന്നെ കാരണത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല ചോദിക്കും തുരിയൻ കാരണമല്ലേ ആത്മാവ് കാരണമല്ലേ അല്ലെങ്കിൽ പരമാത്മാവ് കാരണമല്ലേ പരമാത്മാവിൽ നിന്നെ ഈ സൃഷ്ടിയെല്ലാം ഉണ്ടായത് ശരി പരമാത്മാവിൽ നിന്നും യഥാർത്ഥത്തിൽ ഒരു സൃഷ്ടി ഉണ്ടായെങ്കിൽ തീർച്ചയായും ഇതിന് കാരണം വേണം അതിനെയാണെന്ന് ശരി അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു സൃഷ്ടി പിന്നെ സൃഷ്ടിയോ അതൊരു പ്രതീതി സൃഷ്ടിയൊരു ഭാനമാണ് അതെങ്ങനെ സംഭവിക്കുന്നു ആവിദ്യകം ഇവിടെ പറയുന്നത് അവിദ്യ കൊണ്ട് സംഭവിക്കുന്നതാണ് അതൊരു കാര്യമല്ല വസ്തുതയുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് അതിലൊരു കാരണത്തിന്റെ ആവേശമുണ്ട് അതുകൊണ്ട് നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ ഈ പ്രതീതിയിൽ കാര്യകാരണ ബന്ധത്തെ അന്വേഷിക്കേണ്ട ആവശ്യമേയില്ല കാരണം അങ്ങനെയൊന്നും നിലനിൽക്കുന്നില്ല പരമാണത്വത്തിൽ ഇതാണ് തത്വദൃഷ്ടി ആ തത്വദൃഷ്ടിക്കനുസരിച്ചാണ് ഇവിടെ പറയുന്നത് ഇതാണ് സ്വപ്ന സുഷൃക്തി ഇത് മൂന്നും ഒന്ന് മറ്റൊന്നിന്റെ കാര്യമോ ഒന്നും മറ്റത്തിന്റെ കാരണമോ അല്ല ഇത് കേവലം ഭാനം മാത്രമാണോ പക്ഷേ ബ്രഹ്മസൂത്രത്തിൽ അദ്വൈതത്തിൽ തന്നെ പറഞ്ഞു ജന്മാദ്യ പഠിച്ചതാണ് അസ്യ ജഗത ഈ ജഗത്തിന് ജന്മാദികൾ ഈ ജഗത്തിന്റെ ജന്മാദി എവിടെ നിന്നാണോ സംഭവിക്കുന്നത് അതാണ് ജഗത് അതാണ് ബ്രഹ്മം എന്ന് അവിടെ പഠിച്ചു വിശദമായി അവിടെ ചർച്ച ചെയ്യുന്നു അങ്ങനെ അല്ല എന്ന് പറയുന്ന സാഖ്യന്മാരെയും മറ്റും നിഷേധിക്കുന്നു പ്രകൃതി അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് എന്നെല്ലാം പറയുന്നതിനോട് നിഷേധിക്കുന്നുള്ളൂ നിഷേധിച്ചിട്ട് അവിടെ യുക്തിയുക്തം സപ്രമാണം അവിടെ സമർത്ഥിക്കുന്നു ഈ ജഗത്തിന് കാരണമായി ബ്രഹ്മം ഉണ്ടാകുന്നു അതും അദ്വൈതമാണല്ലോ ഇവിടെ പറയുന്നു അദ്വൈതമാണ് അത് പിന്നെ എങ്ങനെ സംഭവിച്ചു ഈ ആദ്വൈതം ബ്രഹ്മസൂത്രത്തിൽ അദ്വൈതം ഇവിടുന്ന് വന്നു അതിന് സമാധാനമാണ് അടുത്ത് പറയാൻ പോകുന്നു അതിന്റെ തുടക്കമായിട്ടാണ് ഇവിടെ പറയുന്നു പുനരഭി ജാഗ്രസ്വപ്നയൂഹു അസത്തോരബി അത് പറയാൻ വേണ്ടി ഈ ജാഗ്രത സ്വപ്നങ്ങൾ വെറും പ്രാതിഭാസികമാണ് രണ്ടും ഒരേപോലെ പ്രാതിഭാസികമാണ് അതുകൊണ്ട് ഇവിടെ ഒന്നു തന്നെ രണ്ടല്ല അസത്തോരവി കാര്യകാരണ ഭാവാശങ്ക അപനയൻ അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പരസ്പരം കാര്യകാരണ ബന്ധമില്ല അങ്ങനെ ഉണ്ടാകാം എന്നുള്ള ആശങ്കയുണ്ടെങ്കിൽ അപനയൻ അതിനെ നിഷേധിക്കാൻ നിഷേധിച്ചുകൊണ്ട് പറയുകയാണ് ചിന്ത്യൻ ഭാവാൻ അശ്യചിന്ത ജാഗ്രത ജാഗ്രത ഈ ഉണർന്നിരിക്കുന്ന ഈ അവസരത്ത് അചിന്തിയാൻ ഭവാൻ അശക്തി ചിന്തനീയ ചിന്തിച്ച് നിർണയിക്കാൻ കഴിയാത്തവ ഇത് ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ് ഇതിൻ്റെ ഏതാണ് കാരണം ഏതാണ് കാര്യം ഇതിന്റെ സൃഷ്ടി ഉത്പത്തി എങ്ങനെ സംഭവിക്കുന്നു ഇതെങ്ങനെ നിലനിൽക്കുന്നു ഇതിന്റെ അവസാനം എങ്ങനെയാണ് ഇത് സത്താണോ അസത്താണോ ഒരു തരത്തിലും ഇത് ചിന്തിക്കാൻ സാധ്യമ ചിന്തിക്കാം പക്ഷേ ചിന്തിച്ച് ആത്യന്തികമായ ഒരു നിർണ്ണയത്തിൽ എത്തി അവിടെത്തന്നെ ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ല നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ച് ഒരു നിർണയത്തിൽ എത്തിച്ചേർന്നാൽ അവിടെ നമുക്ക് ചിന്ത അവസാനിപ്പിക്കാൻ പറ്റത്തില്ല വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ നമ്മളുടെ ആ നിർണ്ണയം മാറിപ്പോകും ചിന്തയിട്ട് അവസാനിക്കത്ത അതുകൊണ്ടാണ് ഈ ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് വളരെ ചിന്തിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം നടത്തി ഓരോ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചാൽ ആ സിദ്ധാന്തത്തിൽ അങ്ങനെ ആവിഷ്കരിക്കുന്നവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത കാരണം ചിന്ത ഇവിടെ അവസാനിക്കുന്നില്ല ഇത് അശഖ്യ ചിന്തനീയാൻ ആണ് വീണ്ടും ചിന്തിക്കേണ്ടി വരും വീണ്ടും ചിന്തിക്കേണ്ടി വരുമ്പോൾ എന്ത് ബോധ്യപ്പെടും നേരത്തെ ചിന്തിച്ച് എത്തിയയിടത്തിന് അപ്പുറം വീണ്ടും പോകണം അത് അവസാനമാക്കല്ല അവസാന ചിന്തയല്ല വീണ്ടും ചിന്തിക്കണം അംവ്യവസ്ഥിതമായിങ്ങനെ പോയിക്കൊണ്ടേ അസയ്ക്ക് ചിന്തനീയാൻ രജ്ജു സർപ്പാദീൻ ഭൂതവത് പരമാർത്ഥവന്നിവ ജാഗ്രത തന്നെ ജ്ജുവും സർപ്പവും രണ്ട് തരത്തിൽ ഒന്നിന് കാൽപ്പനികമായി അനുഭവപ്പെടുന്നു ഒന്നിന് പരമാർത്ഥമായി അനുഭവപ്പെടുന്നു പരമാർത്ഥ സ്പൃശന് വാസ്തവത്തിൽ അനുഭവപ്പെടുന്നത് പോലെ വികൽപ്പേ ഭ്രമിക്കുന്നു രണ്ടിനെ എടുക്കണം സർപ്പത്തെ മാത്രം എടുത്താൽ പോരാ രജ്ജുവിനെ എടുക്കണം ആ സർപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സത്യമാണെന്ന് തോന്നുന്നു ആ പിന്നെ തോന്നുന്നു രജ്ജുവാണ് സർപ്പവും സത്യം രജ്ജു സത്യമാണെന്ന് തോന്നുന്നു അങ്ങനെ അനുഭവിക്കുന്നത് പോലെ സത്യമായി അനുഭവിക്കുന്നത് പോലെ ഭ്രമിക്കുന്നു പശ്ചിത് യഥാ തഥാ സ്വപ്നെ ധർമാൻ പശ്യൻ ഇവ വികൽപയേരി ഇത് തന്നെയാണ് സ്വപ്നത്തിൽ സംഭവിക്കുന്നത് അവിടെയും ഇതേ ഭ്രാന്തി തന്നെ ഹസ്ത്യാദി ധർമാൻ പശന്നിവ ഹസ്ത്യാദികളെ അവിടുത്തെ ധർമ്മങ്ങളെ തുരിയനിൽ കാണുന്ന ധർമ്മങ്ങളെ സത്യത്തിൽ കാണുന്നത് പോലെ വീൽപ്പയതി ഭ്രമിക്കുന്നു ഇവിടെ തത്രയുവാ അവിടെ തന്നെ വേണം നമ്മൾ സാറിനും പറയാറുണ്ടല്ലോ അതിവിടെ കണ്ട ആന ആനയുടെ സംസ്കാരം അതുകൊണ്ട് അവിടെ ഒരു ആനയെ കണ്ടു എന്ന് പറയുന്നു അങ്ങനെയല്ല അത് ജാഗ്രതാ ഉത്പത്തിയമാനാണ് നമ്മൾ അവിടെ അങ്ങനെ കാണുന്നില്ല ഇതിവിടെ കണ്ട അനുഭവത്തിൽ സംസ്കാരത്തിൽ നിന്നാണ് അവിടെ ഉണ്ടായെങ്കിൽ അതവിടെ അറിയുന്നത് എന്താണ് ഇതായി കാണുന്ന ആന എനിക്ക് മുമ്പ് ഒരു ജാഗ്രത അനുഭവം ഉണ്ടായി അനുഭവത്തിൽ എനിക്ക് അതിന്റെ സംസ്കാരം ഉണ്ടായി ആ സംസ്കാരത്തിൽ നിന്ന് ഇത് സ്വപ്നമാണ് ഈ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു ആനയെ കാണുന്നു ഇങ്ങനെയല്ല നമ്മൾ അറിയുന്നത് ഇവിടെ അറിയുന്നത് പോലെ തന്നെ അറിയുന്നു ഇതുപോലെ ജാഗ്രത ആയി തന്നെ അവിടെ അറിയുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ ഇവയ്ക്ക് ഇങ്ങനെ പരസ്പര കാര്യകാരണഭാവം വരും എന്നാണ് പരസ്പരം കാര്യകാരണഭാവ ഉണ്ടെങ്കിൽ അത് അവിടെ അറിയണം ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കിപ്പോ പറയാൻ കഴിയുന്നു പക്ഷെ അവിടെ ചെന്നത് പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അവിടെ അത് ജാഗ്രത ആയി തന്നെ അനുഭവപ്പെടും അപ്പൊ അവിടെ മറ്റൊരു ജാഗ്രത എന്ന് പറയുന്ന ഒരു വിഷയമേ അവിടെ ഇല്ല അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാഗ്രതയല്ല അതുകൊണ്ട് തന്നെ മറ്റൊരു ജാഗ്രത മറ്റൊരു ജാഗ്രത സംസ്കാരം ഇതെന്നും കൊണ്ടാണ് ഈ അനുഭവം എന്നതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അതുകൊണ്ട് ഇവയ്ക്ക് പരസ്പരം യാതൊരു ബന്ധവുമില്ല ഇവിടെ പരസ്പരം ബന്ധമില്ലാത്തവയെ ബന്ധപ്പെടുത്തി എന്താണിവിടെ അങ്ങനെ ബന്ധപ്പെടുത്തുന്ന അമായാശക്തി അത് തന്നെ അവിടെയും പരസ്പരം ബന്ധമില്ലാത്തവയെ ബന്ധപ്പെടുത്തി കാണിക്കും ഇവിടെ പരസ്പരം കാര്യകാരണഭാവം ഇല്ലാത്തവയ്ക്ക് കാര്യകാരണഭാവത്തെ ഉണ്ടാക്കി കാണിക്കുന്നു അതുപോലെ തന്നെ അവിടെ സംഭവിക്കുന്നു ഇവിടെ നമ്മളെന്ത് കരുതുന്നു വസ്ത്രത്തിനും നൂലിനും കാര്യകാരണ ബന്ധമുണ്ടെന്ന് കരുതുന്നു വാസ്തവത്തിൽ അവിടെ അങ്ങനെ കാര്യകാരണഭാവം ഇല്ല നമ്മൾ കരുതുന്നത് പോലെയുള്ള നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു കാര്യകാരണഭാവം വസ്ത്രത്തിന് നൂലിനും എന്തുകൊണ്ട് അവിടെ നൂലിൽ നിന്ന് വേറിട്ടൊരു വസ്ത്രമേ ഉണ്ടായിട്ടില്ല ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല കാര്യമുണ്ടാകാതിരിക്കെ നമ്മൾ ഒരു കാര്യത്തെ കൽപ്പിച്ചിട്ട് ആ കാര്യത്തിനൊരു കാരണമുണ്ടെന്ന് പറഞ്ഞ് ഇല്ലാത്ത ഒന്നിനെയും ഉണ്ടെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന ഒന്നിനെയും പരസ്പരം ബന്ധപ്പെടുത്തുന്നു എന്നിട്ട് വസ്ത്രത്തിലും നൂലിലും കാര്യകാരണത്തിട്ട് നമ്മൾ ആരോപിക്കുന്നു വസ്ത്രം ഇല്ലല്ലോ അവിടെ നൂലിൽ നിന്ന് വേറിട്ട് വസ്ത്രം എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നാലത് നമ്മൾ കൽപ്പിക്കുന്നു എന്തുകൊണ്ട് കൽപ്പിക്കുന്നു ഇല്ലാത്തവയക്ക് പരസ്പരം ബന്ധത്തെ കൽപ്പിക്കുന്നതിനാണ് മായാശക്തി എന്ന് പറയുന്നത് അതിനാണ് ആവിദ്യകമെന്ന് പറയുന്നത് ഇത് തന്നെ അവിടെയും സംഭവിക്കുന്നു അതാണ് സംഭവിക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ ഈ ജാഗ്രതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യകാരണ രൂപത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവയ്ക്ക് തന്നെ പരമാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ കാര്യകാരണ ബന്ധമില്ലെങ്കിൽ ഇതിൽ നിന്നും വേറിട്ട് അനുഭവപ്പെടുന്ന സ്വപ്നത്തിനും ഇതിനും തമ്മിൽ അങ്ങനെ കാര്യകാരണ ബന്ധം വരും അങ്ങനെ വരത്തില്ല എന്നാണ് പറയുന്നത് ചിന്തിക്കുന്നവർക്ക് വരത്തില്ല വിവേകികൾക്ക് വരത്തില്ല അജ്ഞന്മാർക്കത് ഉണ്ട് അതാണിവിടെ പറയുന്നത് വിപരീസാ യഥാ ജാഗ്ര അചിന്ത്യൻഭൂതമസ്പൃശേത് തപ്ന വിപരീസാ ധർമാൻ തത്ര പശ്യത്തി സമാചാരാ അസ്തി വസ്തുവവാദി ബുദ്ധൈ അദ്വൈതവാദി ജാതിദേശി ഉപതിഷ്ട ചോദിച്ച ചോദ്യം ഇവിടെ വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ പറയുന്നു ഒന്നും ജനിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾ തന്നെ അദ്വൈതികൾ തന്നെ ഈ ജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അതാണല്ലോ ജന്മാദ്യ ശാസ്ത്രയോനിത്വ ബ്രഹ്മസൂത്രം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ അദ്വൈതികൾ തന്നെ പറയുന്നു പിന്നെ മറ്റ് വേദാന്തികളുടെ കാര്യം പറയാനുണ്ടോ വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് ഉപനിഷത്തിന് പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും വേദാന്തികളാണ് അതൊക്കെ ദ്വീതിയാകാം അദ്വൈതിയാകാം വിശിഷ്ടാദ്വൈതിയാകാം മറ്റെന്തെങ്കിലും ആകാം അങ്ങനെ വേദാന്തികൾ ധാരാളം പേരുണ്ട് പക്ഷെ അദ്വൈതി എന്ന് പറയുന്നവര് കൂട്ടരേ ഉള്ളൂ എല്ലാ വേദാന്തികളും അദ്വൈതികളല്ല അദ്വൈതിയും വേദാന്തിയാണ് പക്ഷെ അദ്വൈതിയാണ് അദ്വൈതത്തെ താത്വികമായി സ്വീകരിക്കുന്നവർ മാത്രമേ അദ്വൈതികളെന്ന് പറയാൻ പറ്റൂ ഏതാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നവർ ആ അദ്വൈതികൾ മറ്റുള്ള വേദാന്തികളെ വിടുക ആ അദ്വൈതികൾ തന്നെ ജഗത്സൃഷ്ടിയെ കുറിച്ച് പറയുന്നു സൃഷ്ടിക്കുന്ന കാരണമായ ഈശ്വരനാണെന്ന് പറയുന്നു എന്നിട്ടിവിടെ നിങ്ങൾ ഇവിടെ ആചാര്യൻ പറയുന്നു സൃഷ്ടിയേയില്ല അജാതി അല്ലെങ്കിൽ അജാതം അതിനെ പറയുന്നു ഇതെല്ലാം കേവലം ഭാനം പ്രതീതി പ്രാതിഭാസ്യം എന്ന് പറയുന്നു സ്ഥിഷ്ടി സംഭവിച്ചിട്ടേ ഇല്ലെന്ന് പറയുന്നു എല്ലാം സ്വപ്നമാണെന്നാണ് ഇവിടെ പറയുന്നു ഇതെങ്ങനെ ശരിയാകും ഒരേ ശാസ്ത്രത്തിൽ തന്നെ പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ പറയും ഒരിടത്ത് പറയുന്നു സൃഷ്ടിയുണ്ട് സൃഷ്ടിക്ക് കാരണം ഈശ്വരനാണ് ഇവിടെ പറയുന്നു അങ്ങനെ ഒന്നില്ലെന്ന് അതാണ് ബുദ്ധി ബുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്വൈതവാദി ഭീ വീണ്ടും ബുദ്ധശബ്ദം വന്നു ബുദ്ധൻ എന്ന് പറയുന്നത് ആദിബുദ്ധനാണ് എന്ന് പറയുന്നവരും ഉണ്ട് വിശ്വ ഭാഷൻ ബുദ്ധനെ അദ്വൈതവാദിയായിട്ടാണ് എടുത്തിരിക്കുന്നത് ഉപതിഷ്ഠ അവർ ജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ പറയുന്നു എന്തുകൊണ്ടത് പറയുന്നു അദ്വൈതത്തിൽ തന്നെ ജന്മത്തെക്കുറിച്ചും പറയേണ്ടി വരും ചില സ്ഥലങ്ങൾ അതാണ് നേരത്തെ പറഞ്ഞത് ഒന്ന് വ്യാവഹാരികമായ ദൃഷ്ടി മറ്റൊന്ന് പാരമാർത്ഥികമായ ദൃഷ്ടി അദ്വൈതത്തിലെ തത്വപ്രതിപാദനം രണ്ടു തരത്തിലാക്കുന്നു മറ്റ് വേദാന്തികളുടെ കാര്യം വിടാം അദ്വൈതം മാത്രം എടുക്കാം അത് രണ്ട് ശൈലിയിൽ കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് അദ്വൈതത്തിന്റെ ഒരു രീതിയാണ് എന്തുകൊണ്ട് ഉപലംഭനം ഉപലംഭ തസ്മാ ഉപലബ്ധിത്യകഥ സൃഷ്ടിയുണ്ടെന്ന് എന്തുകൊണ്ട് പറയുന്നു അദ്വൈതന്നെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു വളരെ സ്പഷ്ടമാണ് സൃഷ്ടി അനുഭവപ്പെടുന്നുണ്ട് ഗുരുവിൽ ദ്വീതിയായാലും അദ്വൈതി ആയാലും ഇതൊന്നും അല്ലെങ്കിലും അവന്റെ അനുഭവം അവനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമാണ് ഒരാൾക്ക് അനുഭവത്തിൽ തുടങ്ങി ചിന്തിക്കാൻ പറ്റും അനുഭവത്തെ പാടെ നിഷേധിച്ചിട്ട് ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല സർവ്വസാധാരണമായ അനുഭവം എന്താണ് ഇവിടെ സൃഷ്ടി സംഭവിക്കുന്നു എന്നാണ് ചിന്തിക്കുന്നവനും ഒരു സൃഷ്ടിയാണ് സ്വയം തന്നെ തന്നെ ഒരു സൃഷ്ടിയായി കാണുന്നു പിന്നെ ബാഹ്യമായി ശരീരബാഹ്യമായി സർവ്വത്ര സൃഷ്ടി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ഈ അനുഭവം ഈ അനുഭവത്തെ പടയെ നിരാകരിച്ചിട്ട് ഇത് സ്വപ്നമാണ് മായയാണ് എന്ന് പറഞ്ഞാൽ അത് യുക്തിക്ക് യോജിക്കാതെ പോലും നേരത്തെ പറഞ്ഞല്ലോ വ്യാവഹാരികമായ തലമെന്ന് പറയുന്നത് അനുഭവത്തെ യുക്തിയെ ആശ്രയിക്കുന്ന ഒരു തലമാണ് അനുഭവത്തെ നിഷേധിച്ചിട്ട് യുക്തിക്ക് നിരക്കാത്ത ഉപദേശിച്ചാൽ അത് കേൾക്കേണ്ട ആണ് കാണത്തില്ല അതിന് ആരെയും അതുകൊണ്ട് ഉപലബ്ധേയെ അനുഭവത്തെ ആശ്രയിച്ച് സൃഷ്ടി ഉണ്ടെന്ന് തന്നെ പറയുന്നത് ആണ് ജന്മാദ്യ സ്നേത ശാസ്ത്രയോനിത്വ എന്നെല്ലാം പറയുന്നതാണ് അല്ലെങ്കിൽ അതും ഇതും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് വ്യത്യാസ ഒരു ഭ്രമം ഉണ്ടാവും അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണോ ജഗത്ത് ഏതിൽ നിന്നാണോ ഉണ്ടായത് അത് ബ്രഹ്മമാണ് ഈ ജഗത്താണെങ്കിലോ ഇത് അനാദിയായി അനന്തമായി നിലനിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു ഇവിടെ കാര്യവും കാരണവുമുണ്ട് ഇത് അനുഭവമാണ് യുക്തിക്ക് യോജിക്കുന്നതുമാണ് ഇതിനെ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് സൃഷ്ടിയെ ജാതിയെ ജന്മത്തെ അവിടെ അംഗീകരിച്ചിരിക്കുന്നു ജാതി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്ന ജാതിയല്ല ബ്രാഹ്മണ ക്ഷത്രിയ ജാതിയല്ല ജാതി എന്ന് പറഞ്ഞാൽ ജന്മം ജാതിക്ക് അങ്ങനെയൊരർത്ഥമുണ്ട് ഓരോ വാക്കുകൾ സന്ദർഭം അനുസരിച്ച് അർത്ഥം മാറുന്ന അങ്ങനെയെന്നോ ഇപ്പം ജന്മത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് അറിവുള്ളവർ അദ്വൈതികൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അത് മാത്രമല്ല സമാചാരശ്രമാർ ഇവിടെ പറയും ശ്രോത്രിയന്മാർ തന്നെ വേദാധ്യയനം ചെയ്തവർ തന്നെ അവർ വർണ്ണം ആശ്രമം ഇവയെല്ലാം വർണ്ണമെന്ന് പറയുമ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാദി വർണ്ണങ്ങൾ ആശ്രമം എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യം കരഹസ്യം വാനപ്രസം സന്യാസം ആശ്രമങ്ങൾ ഇവയെല്ലാം ധർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ഈ വ്യവസ്ഥിതികളെ അവർ ആചരിക്കുന്നു പരിപാലിക്കുന്നു ഇതിനനുസരിച്ച് അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നു വർണ്ണത്തെയും ആശ്രമത്തെയും അംഗീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് ആചരണം നടത്തുന്നവർക്ക് അവരോട് അവർ ശ്രോത്രിയന്മാരായാലും എന്നുവെച്ചാൽ വേദം അധ്യയനം ചെയ്തവരായാലും അവരോടും സൃഷ്ടിയെ നിഷേധിക്കാൻ പറ്റും അവരുടെ ആചരണത്തിനനുസരിച്ച് സൃഷ്ടിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അവർ എന്ത് പറഞ്ഞാൽ എന്താസിനെന്തനുഷ്ഠിക്കാൻ എന്തനുഷ്ഠിക്കാതിരിക്കാൻ അങ്ങനെ വന്നുചേരും സമൂഹത്തിൽ തന്നെ വ്യവസ്ഥ വന്നുചേരും അതുകൊണ്ട് ആചാര്യന്മാർ ധർമ്മ ആചരണത്തിന് വേണ്ടിയും സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ധർമ്മ ആചരണം നൽകത്തില്ല അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പറയുന്നവർ എല്ലാം അറിഞ്ഞിട്ടാ പറയുന്നു അദ്വൈതം പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളല്ല വിവരദോഷികൾ ശങ്കരാചാര്യര് അദ്വൈതം പറഞ്ഞു ജഗത്ത് മിഥ്യയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് എല്ലാ ആൾക്കാരും ജഗത്ത് മിഥ്യയാണെന്ന് ബോധിച്ചു അങ്ങനെയാണ് ഈ ലോകം നശിച്ചുപോയെന്ന് പറയാം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ശങ്കരാചാര്യെന്താ വ്യാഖ്യാനിച്ചത് ജന്മാദ്യേത ശാസ്ത്രയോനിത്വർ അതൊക്കെ വ്യാഖ്യാനിച്ചിട്ട് എന്താ സമ്മർദ്ദിച്ചത് ബ്രഹ്മത്തിൽ നിന്നും ഇവിടെ ഒരു ജഗത്തുണ്ടായി ആ ജഗത്തിൽ ധർമ്മം നിലനിൽക്കുന്നു നിലനിൽക്കണം വർണ്ണാശ്രമധർമ്മങ്ങളെല്ലാം ഇവിടെ ആവശ്യമാണ് എന്നൊക്കെയാ പറഞ്ഞതല്ല ഇതിനൊന്നും നിഷേധിക്കുകയല്ല ചെയ്തത് എന്തുകൊണ്ട് ഇതിനെയെല്ലാം ഇതെല്ലാം നിലനിൽക്കണമെന്ന് പറഞ്ഞു വ്യാവഹാരിക ദൃഷ്ടിയ എന്നാണ് ഇവിടെ പറഞ്ഞത് ശ്രമാതി ധർമ്മസമാചരണം വർണാശ്രമാധി ധർമ്മസമാചരണം ഇവിടെ നടക്കണം അതിലെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഗുണമുള്ളത് രണ്ടാമത്തെ കാര്യം അത് മറ്റൊരു വിഷയമാണ് പക്ഷേ വർണാശ്രമാദി ധർമ്മചരണം അത് ആവശ്യമാണ് എന്ന് തന്നെയാണ് അദ്വൈതിയുടെയും നിലപാട് വ്യാവഹാരികമായും ദൃഷ്ടിയ കാലം കൊണ്ടൊക്കെ അതിൽ ഗുണവും ദോഷങ്ങളും ഒക്കെ സംഭവിക്കാമെന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ അതാവശ്യമാണ് എന്നുള്ള ധർമാചരണം ആവശ്യമാണ് അതിനനുസരിച്ച് വ്യാവഹാരിക ദൃഷ്ടിയിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും അതിന്റെ കാരണത്തെക്കുറിച്ചോ എല്ലാം പറഞ്ഞ് സമർത്ഥിച്ചു താഭ്യം ഹേതുഭ്യം അസ്ഥി വസ്തുത്വവാദിനാം അസ്ഥി വസ്തുഭാവൈതേം പദനശീലാനാം ദൃഢ ആഗ്രഹവതാം ശ്രദ്ധാനാം മന്ദവിവേകിന അർത്ഥോപായ സേശിത ജാതി താഭ്യം ഹേതുഭ്യം രണ്ടു ഹേതുക്കൾ എന്താണ് ഉപലംഭ സമാചാര ഒന്ന് അവന്റെ അനുഭവം മറ്റൊന്ന് അവന്റെ ആചരണം ഈ രണ്ടുകാര്യം ഈ രണ്ട് ഹേതുക്കളെയും സ്വീകരിച്ചുകൊണ്ട് അസ്ഥി വസ്തുത്വവാദിന ഇതൊക്കെ ഉള്ളതാണ് എന്ന് ധരിക്കുന്നവൻ അങ്ങനെ ധരിക്കുന്നവരുണ്ട് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അറിയാം ഇത് സ്വപനമാണ് പ്രാതിഭാസികമാണ് പക്ഷെ അവരുടെ ആചരണം പോലും അവരുടെ അറിവിനുസരിച്ചല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അവരും ബാഹ്യവുമായി ആചരിക്കുമ്പോൾ അസ്ഥി വസ്തുത്വവാദിന ഇതൊക്കെ സത്യമാണെന്ന് തരുന്നവൻ എങ്ങനെയാണോ അവനനുസരിച്ചാണ് ഉപദേശിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ലോകസംഗ്രഹ പ്രവൃത്തി എന്ന് പറയുന്നത് തത്വജ്ഞന്റെ അനുഭവം അനുസരിച്ചാണെങ്കിൽ ഇവിടെ ഒന്നും പ്രവർത്തിക്കാനില്ല സ്വപ്നത്തിൽ എന്താണ് ലോക സംഗ്രഹപ്രവൃത്തി കൽപ്പിതമായ ലോകത്തിൽ സംഗ്രഹമോ നിഗ്രഹമോ അതിനൊന്നും പ്രത്യേകിച്ച് വിശേഷതയില്ല അത് അവരുടെ അനുഭവം പക്ഷെ അവർ കാണുന്നത് ആരാണ് അസ്ഥി വസ്തുത്വവാദികളാണ് ഇതെല്ലാം സത്യമാണെന്ന് തരുന്നവരാണ് അങ്ങനെ രണ്ട് തരം അവർക്ക് വേണ്ടി അസ്ഥി വസ്തുത്വവാദിന അസ്ഥി വസ്തുഭാവ ത്യവും വദനശീതാനാ ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ ഉള്ളതാണോ എന്നുവെച്ചാൽ ഇതൊക്കെ ഉള്ളതാണെന്ന് അനുഭവിക്കുന്നവർ അതായത് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സുഖദുഃഖേ സമയേ സുഖദുഃഖങ്ങൾ സമമാണ് പക്ഷേ ഈ അസ്ഥി വസ്തുസ്ഥെന്ന് പറയുന്നവരോ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല സുഖം വേറെ ദുഃഖം വേറെ അവർ സുഖത്തെ സുഖമായും ദുഃഖത്തെ ദുഃഖമായും കാണുന്നു ഇപ്പോൾ ഈ തത്വജ്ഞൻ തന്റെ നിലയിൽ നിന്ന് തത്വജ്ഞനു പിന്നെ പ്രവർത്തിക്കാനൊന്നുമില്ല ലോകസംഗ്രഹാർത്ഥമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ സുഖത്വസുഖമായും ദുഃഖത്തെ ദുഃഖമായും കാണുന്നവനു വേണ്ടി അനുഭവിക്കുന്നവന് വേണ്ടിയിട്ടാണ് അവന്റെ നിലയിൽ അവന് വേണ്ടി പ്രവർത്തിക്കുന്നു ദൃഢാഗ്രഹവത അവൻ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച ദൃഢമായ സങ്കല്പങ്ങൾ ഗ്രഹം വെച്ച സങ്കൽ അവൻ ഇതിനെയൊക്കെ സത്യമായി കാണുന്നു സത്യമായി കണ്ടുകൊണ്ട് ജീവിക്കുന്നു അവന്റെ സംഗ്രഹത്തിന് വേണ്ടി തത്വ ഞാൻ പ്രവർത്തിക്കുന്നു തന്റെ അറിവിനുസരിച്ചിട്ടല്ല തന്റെ അറിവിനുസരിച്ചാണെങ്കിൽ പിന്നെ അവിടെ പ്രവർത്തിയില്ല പക്ഷെ അജ്ഞന്റെ അറിവിനനുസരിച്ച് പ്രവർത്തിക്കുന്നു നടന്നു എന്ന് പറയുന്നത് ഇത്യവും വദനശീലാനാം ദൃഢാഗ്രഹപഥം അവർക്ക് വേണ്ടി ശാസ്ത്രങ്ങൾ ഉണ്ടാക്കി തനിക്ക് വേണ്ടിയുള്ള ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു അവർക്ക് വേണ്ടി ശാസ്ത്രങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ അറിവിനുസരിച്ച് അവർ ഈശ്വരനെ കുറിച്ച് പറയുന്നു ഈശ്വരന്റെ സൃഷ്ടിയായ ജലത്തിനെ പറയുന്നു വാസ്തവത്തിൽ അവരെ സംബന്ധിച്ച് ജീവ ഈശ്വര ഭേദം നശിച്ചിരിക്കുകയാണ് പക്ഷേ ജനത്തിനെ ബോധിപ്പിക്കുമ്പോൾ എന്ത് പറയുന്നു ജീവ ഈശ്വര ഭേദത്തെക്കുറിച്ച് പറയുന്നു ഈശ്വരൻ വേറെയാണ് ഈശ്വരനെ ആരാധിക്കണം പൂജിക്കണം എന്ന് നാം പറയും ശ്രദ്ധാന അവർക്ക് ശ്രദ്ധയുള്ളവരാണ് മഹാത്മാക്കൾ എന്ത് പറയുന്നു എന്നവര് ശ്രദ്ധിക്കുന്നു അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി പറയും ശ്രദ്ധിക്കാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല മന്ദവിവേകിന മഹാത്മാവിന്റെ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയാത്തവരതാണ് മന്ദവിവേകൾ മൂഢബുദ്ധികൾ അവരോട് അവരുടെ നിലയ്ക്കനുസരിച്ച് പറയുന്നു അർത്ഥോപായത്വേന അവർക്കും അർത്ഥം പരമാർത്ഥം പുരുഷാർത്ഥം എന്നർത്ഥം ആ പുരുഷാർത്ഥത്തിന്റെ ഉപായത്തിന് വേണ്ടി ഉപായം എന്നുള്ള നിലയ്ക്ക് പുരുഷാർത്ഥം അവർക്കും വേണോ പുരുഷാർത്ഥത്തെ പ്രാപിച്ച ആളാണ് ഞാൻ മറ്റുള്ളവർ അജ്ഞന്മാരാണ് പ്രപഞ്ച സത്യബോധമുള്ളവരാണ് അതേസമയം മഹാത്മാക്കൾക്ക് ചെവി കൊടുക്കുന്നവരാണ് പുരുഷാർത്ഥം ആവശ്യമുണ്ട് അതുകൊണ്ട് ആ പരമപുരുഷാർത്ഥമാകുന്ന ഉപായത്തിനു വേണ്ടി സ ദേശിതാ ജാതിഹി അവർക്ക് വേണ്ടി ആ സൃഷ്ടി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ധർമ്മത്തെക്കുറിച്ച് ആചരണത്തെക്കുറിച്ച് എല്ലാം ഉപദേശിച്ചിരിക്കുന്നു അതാണ് അദ്വൈതം എന്ന് പറയുന്ന ആ ശാസ്ത്രത്തിൽ തന്നെ ഈ സത്യത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഉപദേശങ്ങളും ഇത് നാം പാടി നിരാകരിച്ചുകൊണ്ടുള്ള ഉപദേശങ്ങൾ രണ്ടുമുണ്ട് എന്നാണ് രണ്ടിനും സംഗത്യുണ്ട് താം ഗിണ്ണന്തു താവോത്ത് അതിനെ ആ തരത്തിലുള്ളവരതിനെ സ്വീകരിക്കുക എന്നാണ് സാർ നമ്മൾ പറയുന്നത് തന്നെയാണ് എന്താണ് ശ്രദ്ധാലുവായ ഒരു ജിജ്ഞാസുവിന്റെ നിലയനുസരിച്ച് ആചാര്യന്മാർ ഉപദേശിക്കുന്നു പ്രപഞ്ച് സത്യമാണ് എന്ന് ആണ് അവന് ദൃഢമായ ബോധമെങ്കിൽ അത് സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അവനെ ഉപദേശിക്കുന്നു ക്രമികമായ ഉപദേശങ്ങളെന്ന് പറയും നിന്ന നിലയിൽ നിന്ന് അവനെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ഉപദേശങ്ങൾ അതൊക്കെ നമുക്ക് സാധാരണ അറിയാവുന്ന കാര്യമാണ് പക്ഷെ അത് നമ്മൾ ധരിക്കുന്നത് പോലെ അറിയാൻ വയ്യാത്ത കാര്യമാണ് ശങ്കരാചാര്യക്കറിയാൻ പറ്റാത്ത കാര്യമല്ല അപ്പൊ ചിലത് പറയാറുണ്ടല്ലോ ശങ്കരാചാരക്കറിയാമ്പ്യാത്ത കാര്യം എനിക്കറിയാം അതന്നെ ഇവിടെ പറയുന്നത് ഈ പറയുന്ന ഇത് സ്വപ്നമാണെന്ന് പറയുന്ന ആചാര്യനും അറിയാം ഈ ലോകം ഇതിനെ സത്യമായിട്ടാണ് ഗ്രഹിക്കുന്നത് അപ്പൊ അവന് വേണ്ടിയിട്ട് ഇത് സത്യമാണെന്ന് കരുതി കൊണ്ട് തന്നെ ശാസ്ത്രങ്ങളും ഉപദേശങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നു ആർക്കെങ്കിലും ഈ പറയുന്നത് അതുപോലെ ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ അവനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതും പറഞ്ഞു സ്വപ്നമാണ് അതുകൊണ്ട് ആ പറയുന്ന ഉപദേശം തനിക്ക് ബോധ്യപ്പെടുന്നില്ല അതുകൊണ്ട് അത് അസംബന്ധമാണ് ശങ്കരാചാര്യർ വേറെ ആചാര്യം പറയുന്നത് ശരിയാണ് ഇങ്ങനെ പറയുന്നതാണ് അബദ്ധം അങ്ങനെയുള്ള ആചാര്യന്മാർ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് തേഹിശ്രോത്രിയാ സ്ഥൂലബുദ്ധിത്വ അജാദേഹി അജാതി വസ്തുന സതീ ആത്മനാശം വന്യമാന അവിവേകനിത്യർത്ഥ പറയുന്നത് വേദം പഠിച്ചവനായാലും ശരി വേദം പഠിച്ചവൻ തന്നെ എന്താണ് കർമ്മകാന്ഡത്തിൽ മുഴിയും കഴിയും അത് ലോകോപകാരാർത്ഥം എന്നൊന്നും പറഞ്ഞാൽ ശരിയാവും മഹാത്മാക്കൾ ചെയ്യുന്നത് അങ്ങനെയാണ് ലോക സംഗ്രഹാർത്ഥമാണ് അജ്ഞൻ ചെയ്യുന്നത് അതല്ല അവന്റെ അജ്ഞത കൊണ്ട് ചെയ്തു പോകുന്നതാണ് അവൻ അവശനായി ചെയ്തു പോകുന്നതാണ് അതൊന്നും ലോകോപകാരാർത്ഥമല്ല അവന് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചെയ്തു കർമ്മബന്ധനത്തിൽ നിന്നും മോചിച്ചിട്ടല്ല അവൻ ചെയ്യുന്നു അത് മഹാത്മാക്കൾക്ക് മാത്രയായിരുന്നു കേട്ടോ കർമ്മബന്ധനത്തിൽ നിന്നും മുക്തരായി കർമ്മം ചെയ്യും മറ്റുള്ളവൻ പഠിപ്പുള്ളവനാണെങ്കിലും പറയുന്നു ശ്രോത്രിയാ സ്ഥൂല ബുദ്ധിത്വം സ്ഥൂലബുദ്ധിയാണ് അവന് ഇതിനൊക്കെ സത്യമായി തന്നെ ആഗ്രഹിക്കുന്നു അജാതിഹി അജാതി വസ്തു സദാ ക്രിസ്ത്യന്തി അവനീ പറയുന്ന പരമാർത്ഥ തത്വത്തെ ഭയപ്പെടുന്നു എന്തുകൊണ്ട് അവൻ കരുതുന്നു ഇവിടെ പലതും തനിക്ക് നഷ്ടപ്പെട്ടു പോകും ഈ പറയുന്ന വലിയ തത്വത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ തനിക്ക് പല നഷ്ടങ്ങളും വരും എന്നവൻ കരുതുന്നു ഇത് നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയാമെന്നുള്ള കാര്യമാണ് സമയമില്ലാത്തതുകൊണ്ടും അത് പല അപകടങ്ങളുള്ളതുകൊണ്ടും ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ആത്മനാശം വന്യമാനാഹ സ്വന്തം നാശത്തെവൻ കരു പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ തനിക്ക് നാശം വരും പറഞ്ഞാൽ തന്റെ പലതും നഷ്ടപ്പെടുമെന്ന് കരുതുന്നു അവിവേകിന് അവിവേകികൾ ഉപായസ്വാഗതാരായ ചിത്തം ഇക്കാര്യം മുമ്പും പറഞ്ഞിട്ടുണ്ട് ആ പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുന്നതിന് ഒരുവൻ എവിടെ നിൽക്കുന്നു അവന്റെ നിരയിൽ നിന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ആചാര്യന്മാർ ഉപദേശിക്കും ഉപദേശിക്കുമ്പോൾ ഇത് സത്യമാണെന്നും പറയും ചില അങ്ങനെ പറയുന്നതുകൊണ്ടും ദോഷമൊന്നുമില്ല ഇത് സത്യമാണെന്ന് പറയുന്നുണ്ടെ മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറയുന്നതിനെന്താ ദോഷം അതുകൊണ്ട് സൃഷ്ടിയുണ്ടെന്നും പറയും പക്ഷെ ഇവിടെ ഇപ്പോ പറയുന്നത് ആചാര്യൻ പറയുന്ന എന്താണ് ഇത് പരമാർത്ഥമാണ് പറയുന്നത് ഈ പരമാർത്ഥം ഈ പരമാർത്ഥത്തെ ഭയക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല അവർക്ക് വേണ്ടി വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാണ് ജന്മാദ്യസ് യഥാശാസ്ത്രയോനിത്വാത് എന്നെല്ലാം പറഞ്ഞ് അവിടെ സമർത്ഥിച്ചത് എന്ന് പറഞ്ഞ് രണ്ട് നിലയെയും ഇവിടെ സമന്വയിപ്പിച്ചിരിക്കുകയാണ് ഒന്നാ പാരമാർത്ഥികമായ നില പാരമായ ദൃഷ്ടി പരമാർത്ഥമായ തത്വജ്ഞാനം മറ്റൊന്ന് നമ്മുടെ എല്ലാ അനുഭവം ഇത് രണ്ടും പരസ്പര വിരോധമുള്ള കാര്യങ്ങളല്ല ഇത് ഒന്നിൽ നിന്ന് അടുത്ത നിലയിലേക്ക് കടക്കേണ്ടതാണ് എന്ന് പറയും അസ്തി വസ്തുത്വദി ജാതിസ്തുശിത ബുദ്ധൈ അജാത്ര സദം സ